എല്ലേക്കും എൻ്റെ പ്രണ ഏഴാം അധ്യായത്തിൽ ഇരുപത് മുതലുള്ള നാല് ശ്ലോകങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് പത്തൊൻപതാമത്തെ ശ്ലോകം നാം ഇന്നലെ ചർച്ച ചെയ്തു പല ജന്മങ്ങൾ കഴിയുമ്പോൾ ഒരു ഭക്തനും വാസുദേവ സർവമെത്തി ഈ കാണുന്നതൊക്കെ വാസുദേവൻ എന്ന അനുഭവം നേടിയിരിക്കും പൂർണമുക്തനായിത്തീരുന്നു അത്തരമുള്ള പൂർണ്ണ സത്യദർശികൾ ദുർലഭന്മാരാണ് അങ്ങനെ അല്ലാത്തവർ ഇരുപതാം പദ്യം ചർച്ച ചെയ്യുന്നത് കാമേ സ്ഥൈ സ്ഥൈർഹൃതജ്ഞാന പ്രപദ്യത്തെ അന്യദേവതാ തം തം നിയമമാസ്ഥായ പ്രകൃത്യസ് അവര് പല പല ലൗകികങ്ങളായ ആഗ്രഹങ്ങളിൽ നേടാനായി കാമയി ച സർവം വാസുദേവൻ എന്ന അറിവിൽ എത്തിച്ചേരാത്തവർ സിദ്ധാന്തപരമായി പോലും പരമസത്യം എന്തെന്ന നിശ്ചയമില്ലാത്തവർ പല പല ലൗകികകർമ്മങ്ങൾക്കും വേണ്ടി കാമയി തൈ ഹൃതജ്ഞാന ഈ കാമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ തന്നെ ജ്ഞാനം അവരുടെ ആത്മസ്ഥിതി നഷ്ടമാകുന്നു എല്ലാം ഈശ്വരമയമാണ് എന്നാലും നഷ്ടമാകുന്നു അതാണ് ജ്ഞാനം നഷ്ടമാകുന്നു എന്ന് വെച്ചാൽ മറിക്കപ്പെട്ടു പോകും അതെല്ലാം നഷ്ടമാകുന്നില്ല നഷ്ടമാകാൻ നോക്കുകയും ഇല്ല അവനവൻ്റെ സ്വരൂപമാണ് ബ്രഹ്മം അതേപോലെ നഷ്ടമാകാൻ പറ്റും അപ്പോൾ അത് മറയ്ക്കപ്പെടുന്നു കാമൈ സ്തൈ സ്തൈ ഈ പതിമൊക്കെ ഓർമ്മിക്കണം ഹൃതജ്ഞാനാ ജ്ഞാനം ഹൃതമാവുന്നു മറയ്ക്കപ്പെട്ടു പോകുന്നു അവരെന്ത് ചെയ്യുന്നു പ്രപദ്യേ അന്യദേവതാ മറ്റ് ദേവതമാരെ ശരണം ത്രോക്കുന്നു തന്തം നിയമമാസ്ഥായ പ്രകൃത്യ നിയത സ്വയ അവർ സ്വന്തം പ്രകൃതി അതായത് മായ ഭഗവത് മായയുടെ സ്വന്തം നില അനുസരിച്ച് അതാത് നിയമങ്ങൾ ഉണ്ടാക്കി അതാത് ദേവതന്മാരും ഫലിക്കുന്നു അതിനൊന്നും വിരോധമില്ല നടക്കും നടന്നേ എന്നുവെച്ചാൽ ഓരോരോ കാണും ചിലർക്ക് പണം കിട്ടണം ഒരു കോട്ടം അവർ ലക്ഷ്മി ദേവിയുടെ രൂപം സങ്കൽപ്പിച്ചുറപ്പിച്ച് ലക്ഷ്മി ദേവിക്ക് വേണ്ട രീതിയിലൊക്കെ ഭജിക്കുന്നു ഇങ്ങനെ ഓരോന്നും തിരിച്ചറിഞ്ഞുകൊള്ളുക ചിലർക്ക് വിദ്യയാണ് വേണ്ടത് അവർ സരസ്വതി ദേവിയുടെ രൂപം സങ്കൽപ്പിച്ച് സരസ്വതിയെ ഭജിക്കുന്നു ചിലർക്ക് ശത്രു സംഹാരമാണ് വേണ്ടത് അങ്ങനെ പലതും ഉണ്ട് താമസഗുണികൾ അതാണ് അവർ അവരുടെ പ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെട്ടത് തമോ ഗുണപ്രധാനികൾ അവർക്ക് ശത്രു സംഹാരമാണ് വേണ്ടത് ഭദ്രകാളിയെ ഘോരൂപിണിയായ ഭദ്രകാളിയെ സങ്കല്പിച്ച് അതാത് നിയമം ഭദ്രകാളിക്ക് എന്തൊക്കെയാണ് പൂജാ സാധനങ്ങൾ ഇഷ്ടമായിട്ടുള്ളത് ഇവർക്ക് ഒന്നും കുറച്ച് പോവുമോ ശർക്കരൊന്നും കൊടുത്തുകൊണ്ട് അവർ തൃപ്തിപ്പെടില്ല അവർക്ക് നല്ല മാംസം അതൊക്കെ വേണം അതൊക്കെ ഇനി വിശദമായി പൂജകൾ കണ്ട് ഓരോമിച്ച് മനസ്സിലാക്കി കൊടുക്കുക ഓരോരുത്തരും അവർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അത് നേടിത്തരാൻ കഴിവുള്ള ഒരു ഈശ്വര രൂപം സങ്കല്പിക്കുന്നു ആ ഈശ്വര രൂപത്തിന് അവരവരുടെ ഗുണമനുസരിച്ച് എന്തൊക്കെ പൂജാദ്രവ്യങ്ങൾ വേണം പൂജ വേണം ആട്ടിനെ വെട്ടണോ മാട്ടിനെ വെട്ടണോ ആപ്പിളുമൊക്കെ വെച്ച് പൂജിച്ചാൽ മതിയോ അല്ലെങ്കിൽ വേറെ വല്ലതും ഇങ്ങനെ ചിന്തിച്ച് തം തം അതും ഈ ശ്ലോകമൊക്കെ ഓർമ്മിക്കുക ഇതാണ് പൂജാരഹസ്യമൊക്കെ എല്ലാ പൂജാരഹസ്യവും ഇതിൽ വരുന്നു കാമീ സ്ഥൈ സ്ഥൈര ഹൃതജ്ഞാനാ ഭഗദ്യന്തേ അന്യദേവതാ അവരെന്നെ ശരണം പ്രാപിക്കുന്നില്ല ചൂർണ്ണ ബ്രഹ്മത്തെ അവരറിയുന്നു പോലുമില്ല അറിയുന്നു പോലുമില്ല മറ്റ് ദേവതമാരെ അവരെ സങ്കല്പിച്ച് ശരണം പ്രാപിക്കുന്നു തം തം നിയമവാസ്ഥായ ഓരോരുത്തർക്കും പറ്റിയ നിയമം നിയത പ്രകൃത്യാ സ്വയ അവർ അവരുടെ പ്രകൃതം തമോ ഗുണി തമോ ഗുണ രൂപിയായ ദൈവത്തെ പലരും ചോദിക്കാറുണ്ട് ഹിന്ദുമതത്തിൽ ഒട്ടേറെ ദൈവങ്ങളൊന്നും തമോ ഗുണിക്കൊരു സാത്വിക രൂപം സങ്കല്പിക്കാനൊക്കെ ഇല്ല ഓരോരോ ഗുണത്തിൽ നിൽക്കുന്നവർക്ക് അവരവരുടെ ഇഷ്ടമനുസരിച്ച് അവരവർ സങ്കല്പിക്കുന്നതാണ് ഈ ദൈവം പൂർണ്ണം ബ്രഹ്മം പോയാൽ എല്ലാ ദൈവവും സങ്കല്പ സൃഷ്ടങ്ങളാണ് ഒരു ദൈവവും വേറെ ഇല്ല പക്ഷേ എന്താ ബ്രഹ്മത്തിൻ്റെ പ്രവർത്തന നിയമം നിങ്ങളേതൊരു രൂപം സങ്കല്പിക്കുന്നോ ആ രൂപമായി ഈ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മം ബോധം ബോധത്തിലാണല്ലോ ഈ സങ്കല്പം ആ ബോധം ആ രൂപം എടുത്ത് ഗുരുവായൂരപ്പനായാലും ശരി രാവണനോ ശിവനോ ആയാലും ശരി മങ്കരമൂർത്തിയോ മറുതയോ ആയാലും ശരി ആ രൂപം എടുത്ത് ബ്രഹ്മം നിങ്ങളുടെ മുമ്പിൽ വന്ന് ചിലപ്പോൾ സംസാരിക്കും തലോടും അനുഗ്രഹിക്കും പക്ഷെ ബോധസ്വരൂപനായ ഈശ്വരൻ ഉള്ളിലിരിക്കുകയാണ് ഈ അതിൽ ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഒരു കെട്ടി സ്വർണത്തിൽ ഇതുവരെ ഉണ്ടായ സകല ആഭരണങ്ങളുണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന സകല ആഭരണങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് അതിൽ പണിതെടുത്തുള്ളൂ അതുപോലെ സങ്കല്പം ഗാഠമായാൽ ഏത് രൂപത്തിലും ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു അതല്ലേ ഹിന്ദുക്കൾക്ക് ഇത്രയും ഈശ്വരന്മാർ ഇപ്പോൾ മറ്റൊരു മതക്കാർക്ക് അവരുടെ ഈശ്വരന്മാർ അവരും പ്രത്യക്ഷപ്പെടുത്തുന്നു ഈശ്വരന്മാർ വേറെ വേറെയാണെങ്കിൽ ഇവരൊക്കെ കൂടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു ഓരോരുത്തർക്കിങ്ങനെ ഏ യഥാ പ്രപദ് ഇതാണ് ബ്രഹ്മത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ പ്രവർത്തന നിയമം ആരെന്നെ എങ്ങനെ പ്രാപിക്കുന്നു ഞാൻ അവരെ അങ്ങനെ അനുഗ്രഹിക്കുന്നു അവരെന്തു ചോദിക്കുന്നു ഗാഠമായ ഏകാഗ്രതയോടുകൂടി ചോദിക്കുമെങ്കിൽ ഞാൻ കൊടുക്കും ശത്രു സംഹാരം ശത്രു സംഹാരം സാധിച്ചു കൊടുക്കും പക്ഷേ ശത്രു സംഹാരം കൊണ്ട് ജീവിതം ധന്യമാകുമോ കുറച്ച് പണം നിശ്ചയമായിട്ടും കൊടുക്കും ധന്യമാകുമെങ്കിൽ ആയിക്കോളും അതൊക്കെ കൃഷ്ണൻ പറയാൻ പോകുന്നു അടുത്ത പദ്യം യോയോ യാം യാം ഒക്കെ ഇനി എളുപ്പം ഇത് ധരിച്ചാൽ യം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമതി തസ്യ തസ്യാചലാം ശ്രദ്ധ താമേ വിദാമ്യഹം ഹലോ അർജുന ആരാരൊക്കെ ഏതേത് രൂപത്തിലൊക്കെ ഭജിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിലൊക്കെ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ശ്രദ്ധ ഏകാഗ്രത നൽകുന്നത് ഞാൻ തന്നെയാണ് ബോധമില്ലാത്തവരാൾ ഫലിക്കുമോ ബോധമാണ് ഉള്ളിലിരുന്ന് ഈശ്വര ഭജനത്തിൻ്റെ മാത്രമല്ല എല്ലാറ്റിനും ഏകാഗ്രത കൊടുത്ത് അനുഗ്രഹിക്കുന്നു അതാണ് ഭൗതികവാദികൾ മഠന്മാർ അവരീശ്വരനെ വിടുന്നു എന്നൊക്കെയാണ് അവരുടെ ഭാഗം അവര് ഭൗതികമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു ആരാ സാധിച്ചു തന്നെ പാവങ്ങൾ അറിയാതെ നിഷേധിക്കുന്നു അവരോട് പോലും ഭഗവാൻ പക്ഷപാതമില്ല ഉള്ളിലിരുന്നുകൊണ്ട് ബോധസ്വരൂപിയായ ഈശ്വരനാണ് ബോധമാണ് ശാസ്ത്രീയമായ ഈശ്വരതത്വം ആ ഈശ്വരൻ ഭൗതികവാദികളുടെ ഭൗതികവാദം പോലും ഏകാഗ്രത ഉണ്ടെങ്കിൽ സാധിപ്പിച്ചുകൊടുക്കുന്നു ഇതാണ് നിയമം അപ്പോൾ യോയോയാം ധനം ഭക്ത ശ്രദ്ധ അർച്ചയുമതി ആ പദ്യമൊക്കെ അർത്ഥം നോക്കി മനസ്സിലാക്കിക്കോളു ഭക്തി അച്ഛനിച്ചതി തസ്യ തസ്യ അച്ചെല്ലാം ശ്രദ്ധ നല്ല ഏകാഗ്രത ഉണ്ടെങ്കിൽ നിശ്ചലമായ അവരുടെ ശ്രദ്ധ താമേവ വിധാമ്യാഹം അർജുന ഞാനാണ് അവർക്ക് ആ ശ്രദ്ധ ഉണ്ടാക്കി കൊടുക്കുന്നത് ഏ അപ്പോൾ കൊള്ളരിതാത്ത ശ്രദ്ധ ഏയ് എനിക്കങ്ങനെ ഇല്ല കൊള്ളരി താത്ത ശ്രദ്ധയും ബോധത്തിലല്ലേ കൊള്ളാവുന്ന ശ്രദ്ധയും ബോധത്തിലല്ലേ വേറെ എവിടെയെങ്കിലും വരാൻ പറ്റുമോ എന്ത് ശ്രദ്ധയെന്നൊന്നും ഞാൻ നോക്കാറില്ല ആരെന്ത് ഗാഠമായി ഭജിക്കുന്നു ഇവിടെ ഒരു കുഴപ്പവും വരാനില്ല ഞാൻ അവർക്കത് അനുവദിച്ചോളൂ അവരോ സതയാശ്രദ്ധയായുക്ത ആശ്രദ്ധയോടുകൂടി ഏകാഗ്രമായി ഭജിക്കുന്നു പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ജീവാരാസം നടത്തി അത് ചെയ്ത് കൊട്ടവാദ്യുള്ളത് ആ അങ്ങനെ ഏകാഗ്രമായി ഭജിക്കുന്നു സതയാശ്രദ്ധയായുക്ത തസ്യ ആരാധനീഹത്തെ ആ ദേവൻ അവരംഗീകരിച്ച ദേവന്റെ ആരാധനം അവർ നടത്തുന്നു സതയാശ്രദ്ധയായുക്ത പദങ്ങളുടെ അർത്ഥമൊക്കെ ഉള്ള ധാരാളം പുസ്തകങ്ങളുണ്ട് അതൊക്കെ നോക്കി ഭംഗിയായി ധരിച്ചുകൊള്ളുക സതയാശ്രദ്ധയായുക്ത തസ്യ ആരാധനീഹത്തെ ലഭതയേച്ച തഥ കാമാൻ അർജുന അവരാഗ്രഹിക്കുന്ന കാമങ്ങളൊക്കെ സാധിക്കുന്നു ലഭത്തേച്ച് തഥക്കാമാൻ അപ്പൊ ഭഗവാനെ അവര് ഭജിക്കുന്ന ആ ദേവതയാണോ അവരുടെ കാമങ്ങളൊക്കെ സാധിപ്പിക്കുന്നത് മഴയങ്ങനെ ഒരു ദേവതയും ഇവിടെ ഇല്ല ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ലഭിച്ച തതക്കാമാൻ മയയി വിഹിതാൻ ഹിത്താൻ ആ ഭാഗമൊക്കെ ശ്രദ്ധിച്ചു വായിക്കുക ബോധരൂപനായ ഞാൻ തന്നെ മയയിൽ ഇവിടെ ഒരു ഭദ്രകാളിയുമില്ല ഒരു മറുതനായവുമില്ല ഒരു ശിവനുമില്ല വിഷ്ണുവുമില്ല ഒരു ഗുരുവായൂരപ്പനും ഇല്ലർപ്പിനാണ് പിന്നെയോ ഞാനിപ്പോൾ ഗുരുവായൂരപ്പനായിട്ട് ഇപ്പം നിൻ്റെ തേരെ കത്തളിക്കാൻ ചമ്മട്ടിക്കുന്ന എൻ്റെ രൂപവിതാണെന്നാണ് നിൻ്റെ വിചാരം ഒക്കെ ഇതാ പറയാൻ പോകുന്നു എന്നെ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഞാൻ അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മം മയയിഹിതാ ഹിത്താൻ മയൈവ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്നാൽ തന്നെ വേറെ രണ്ടാമത് ഇവിടെ ആരും ഇല്ല ഞാൻ ആ രൂപം കേൾക്കൊള്ളുന്നു അപ്പൊ വേറൊരാളാകും രാവൻപിള്ളെ രാവണന്റെ വേഷം കെട്ടിയാൽ രാവുംപിള്ള രാവണനാകുമോ ബ്രഹ്മം ശിവന്റെ വേഷം കെട്ടിയാൽ ബ്രഹ്മം ശിവനാകില്ല ശിവൻ വേഷം കെട്ടിയിരിക്കുന്നത് ബ്രഹ്മം അത്രേ ഉള്ളൂ സതയാശ്രദ്ധയാുക്ത തസ്യ ആരാധനമേഹത്തെ ലഭതേ ച തതക്കാമാൻ മയവ വിഹിതാൻ ഹിത്താൻ അപ്പൊ എന്താ വ്യത്യാസം ഭഗവാനെ അർജുന അന്തവത്വ ഫലം ദേഷ ഈ ഭൗതിക കാമങ്ങൾ ചോദിക്കുന്നത് സ്പഷ്ടമല്ലേ ഭൗതിക പദാർത്ഥങ്ങളെല്ലാം ആദ്യം അന്തവുമുള്ളതും ദുഃഖപ്രദങ്ങളുമാണ് ചോദിക്കുന്നു ഞാൻ കൊടുക്കുന്നു എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല ആരെന്ത് ചോദിക്കുന്നു അത് കൊടുക്കും അന്തവത്വ ഫലം ദേഷമാണ് അവരുടെ അവർക്ക് കിട്ടുന്ന ഫലമെല്ലാം ആദ്യന്തമുള്ളതാണ് ദുഃഖപ്രദമാണ് പണമായാലും ശരി ശത്രു സംഹാരമായാലും ശരി പേരായാലും ശരി വീടായാലും കാറായാലും ഒക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കും പക്ഷേ അന്തവത്വഫലം ദേഷാന്ന് അടുത്ത വരി ഓർമ്മിക്കണം തത്ഭവത്തി അല്പമേധസാം അല്പബുദ്ധികളാണ് അവർ ഇങ്ങനെ വേറെ ഗ്രാമങ്ങളുമായിട്ട് പലതരം ഈശ്വര രൂപങ്ങളെ സങ്കല്പിച്ച് എന്നെ സമീപിക്കുന്നവർ എൻ്റെ പൂർണ്ണരൂപം അറിയുന്നില്ല അല്പമേധസ്സാം ഗംഭീരമായ ശാന്തോഗി ഉപനിഷത്തിലെ ഏഴാം അധ്യായം പൂർണ്ണ സത്യം സനത്കുമാരൻ നാരദനും വിവരിച്ചു കൊടുക്കുന്നു ആ സത്യത്തിലെ അല്പപഥമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതൊക്കെ ഉപനിഷത്ത് വായിച്ചിട്ടുള്ളവർക്കെ ബോധ്യമാവും അർജുന അല്പമേധസാം അന്ധകത്ത് ഫലം തേശാം തദ്വത്യൽപ അൽപമേധസാംയജോയാ അത് ദേവന്മാരെ ഭരിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കുന്നു വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരാൾ ഭദ്രകാളിയെ ഭരിച്ചു ഒരുപാട് ശത്രു സംഹാരം ഗുണം അതൊക്കെ കിട്ടി മരിക്കാൻ നേരത്തെ ഭദ്രകാളിയുടെ രൂപം ധ്യാനിച്ച് മരിക്കുന്നു അടുത്ത ജന്മം ഭദ്രകാളിയുടെ ഉപാസകനായി ജനിക്കും വീണ്ടും ഏതാണ്ട് ചിത്തം ഭദ്രകാളിയുടെ രൂപം കൈക്കൊണ്ടാണ് അദ്ദേഹത്തിൽ തന്നെ ഭദ്രകാളിയുടെ ആ ഉപാസനാമൂർത്തിയുടെ ഭാവങ്ങൾ പലതും ജനിക്കുമ്പോൾ മുതൽ പ്രത്യക്ഷപ്പെട്ടൊന്നും വരാം ഇതാണ് ദേവന്മാരെ ഭജിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കുമ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ലേ എന്തൊരു അത്ഭുതം ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ രാമൻ്റെ അല്ലെങ്കിൽ പല ദേവന്മാരുടെയും ചില ഭാവങ്ങൾ അതുമായിട്ടൊക്കെ ജനിക്കുന്നു തീർച്ചയായിട്ടും ച മരിച്ചപ്പോൾ എന്ത് ഭാവിച്ച് മരിക്കുന്നോ അതുമായി ജനിക്കും ഇത് മറ്റൊരലംഘനീയ നിയമമാണ് അലംഘനീയ നിയമം അപ്പോൾ ദേവാൻ ദേവയെ ജോയാൻ ഈ ദേവന്മാരുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ ആ ദേവനെ ഉപാസിക്കുന്നവൻ വീണ്ടും അവൻ ആദ്യത്തന്നെ പോകുന്നു വീണ്ടും ശത്രു സംഹാരം അല്ലെങ്കിൽ പണം അതല്ല ഇവിടെ കാണുന്നത് വീട് വയ്ക്കണം നാട് വെക്കണം പ്രമോഷൻ ഉണ്ടാക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം ഭൗതികമായ സകല ആഗ്രഹങ്ങളും ആ ആഗ്രഹങ്ങൾ വീണ്ടും നേടാൻ വീണ്ടുമായി ഈശ്വരനെ അത് തന്നെ വേണമെന്നില്ല ഇളക്ക് വേണമെങ്കിൽ മറ്റു പല രൂപങ്ങളുമൊക്കെ ഇവിടെ എന്ത് മാറ്റവും വരാം അവനുമെൻ്റെ മനസ്സിന് തൃപ്തിയൊന്നുമില്ലെങ്കിൽ വേവരുദേവനെ അംഗീകരിക്കാൻ മാറുന്നതിനൊരു കുഴപ്പമില്ല അങ്ങനെ വീണ്ടും ദേവന്മാരുടെ പിടിയിൽപ്പെട്ട് ഉപനിഷത്ത് പറയുന്നത് ഈ ദേവന്മാരെ ഭരിക്കുന്നതിന് ഒക്കെ ഉപനിഷത്താണ് ഞാൻ പറയുന്നല്ല ദേവന്മാർ ഈ ആളുകളെയൊക്കെ ഈ ഭക്തന്മാരെയൊക്കെ നമ്മൾ പശുക്കളെ കൊണ്ട് നടക്കുന്നില്ലേ അതുപോലെ കൊണ്ട് നടക്കുക എന്താന്ന് വെച്ചാൽ നമ്മൾ പശുക്കളെ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് കുറച്ച് പുല്ലും വൈക്കോലുമൊക്കെ കൊടുക്കും പക്ഷേ അതിൻ്റെ ഇരട്ടി പാല് കിട്ടണം ഇങ്ങോട്ട് ഇരട്ടിപ്പാൽ കിട്ടണം എന്നല്ല പാലൊക്കെ ഇല്ലാതായാൽ ഇറച്ചിക്കെങ്കിലും കൊടുത്ത് അതിൻ്റെ ഫലം എടുക്കണം ഇങ്ങനെ പശുക്കളെ പോലെ ദേവന്മാർ മനുഷ്യരെ കൊണ്ടു നടക്കുകയാണ് എന്ന് ഈ ഉപാസകന്മാരെ ചെ പലതും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും പൂജയുടെ രൂപത്തിൽ വലിയ ഡിമാൻഡാണ് നിരമർച്ചി ബ്രഹ്മത്തെ ഫലിക്കുന്നു അതൊരു ഡിമാൻഡില്ലേ എന്ത് ഡിമാൻഡാണ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി നിങ്ങളതാണ് നിങ്ങളത് ഓർമ്മിക്കൂ അത് പ്രത്യേകം ഭഗവാൻ വേണ്ടിയുള്ള ഒരു ഡിമാൻഡൊന്നുമല്ല അങ്ങനെ ഈ ദേവന്മാർ കൊണ്ടുനടക്കും അങ്ങനെ ദേവന്മാരെ പ്രാപിക്കും പല തരത്തിലും ആ ദേവൻ്റെ ഗുണങ്ങളുണ്ടാവുക അതിൻ്റെ കഴിവുകളുണ്ടാവുക അല്ലെങ്കിൽ വീണ്ടും ഇപ്പം തന്നെ കുട്ടിക്കാലത്തെ ദേവി ഉപാസന കേട്ടോ സാർ ആ കുഞ്ഞിന് കുട്ടിക്കാലത്തെ ദേവിയുടെ പല ശക്തികളും ശക്തി എന്നല്ല ചിലപ്പോൾ സാക്ഷാൽ ദേവിയെപ്പോലെ തന്നെ തോന്നും കാരണം അത്ര ദേവിയുടെ രൂപ രൂപം പല ആളുകളായി സങ്കല്പിച്ചുറപ്പിച്ച് ആ രൂപവും കൊണ്ടാണ് ഈ ശരീരം വിട്ടത് അപ്പോൾ പിന്നെ സാക്ഷാത് ദേവിയെപ്പോലെ തന്നെ ഭാഗവതത്തിലല്ലേ ഭരതൻ ആ ജഡഭരതന്റെ കസം വായിച്ചു നോക്കുക ഭാഗവത തരത്തിലുണ്ട് മാൻകുട്ടിയെ മാനെ ധ്യാനിച്ച് ധ്യാനിച്ച് അയാളുടെ അന്ധകരണം മാനായി തീർന്നു മരിച്ചു മാനായി ജനിച്ചു ഭദ്രകാളിയെ ധ്യാനിച്ച് ധ്യാനിച്ച് ഭദ്രകാളിയുടെ രൂപവും കൊണ്ട് മരിച്ചു ചിലരൊക്കെ കുട്ടിക്കാലത്ത് ഭദ്രകാളിയെ പോലെയൊക്കെ പെരുമാസത്തില്ലേ അർജുന അന്തവത് ഫലം ദേശാന്തദ്ഭവത്തെ അല്പമേധസ്സ അല്പബുദ്ധികൾ ദേവാ ദേവയെ ജോത്തി ദേവന്മാരെ ഇരിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കുന്നു എന്നു വച്ചാൽ ഇതാണ് ഒൻപതാമധ്യായം ഏതാണ്ട് ഇതുപോലാണ് അവിടെ പറയുന്നുണ്ട് പിതൃക്കളെ ഭജിക്കുന്നവർ പിതൃക്കളെ പ്രാപിക്കുന്നു വെച്ചാൽ പിതൃക്കളുടെ ചിന്തയുമായി വന്ന് ജനിക്കുന്നു എന്തു ചെയ്താലും അവർ അ ചിന്ത വിടില്ല പിതൃക്കളുണ്ട് എനിക്ക് ബലിയിട്ടേ തീരു ഒരു കുഴപ്പമില്ല ഞാനീ പറയുന്നതുകൊണ്ട് ആരും ബലിയിടണ്ടെന്നോ ഒന്നും അർത്ഥമാക്കുന്നത് പറ്റുന്നത് പോലൊക്കെ വജിക്കുക ഇത് കൃഷ്ണനാണ് എന്ന് എൻ്റെ അഭിപ്രായമല്ല തത്വത്തെ അല്പമേഥസാം ദേവേലോയാ മത്താന്തി മാമത്തി എൻ്റെ ഭക്തന്മാർ എന്നെയും പ്രാപിക്കുന്നു അവിടെ എൻ്റെ ഭക്തന്മാരെന്നുള്ളത് ശ്രീകൃഷ്ണനായി സങ്കല്പിച്ചാൽ വിരഹൊന്നുമില്ല ശ്രീകൃഷ്ണപൂജ ഭക്തമീര മറ്റും ശ്രീകൃഷ്ണനെ അങ്ങോട്ട് ഭജിച്ച ഒടുവിൽ അവർ ഏതാണ്ട് ഒരു ശ്രീകൃഷ്ണനായി തന്നെ മാറുകയാണ് അടുത്ത ജന്മത്തിലും ശ്രീകൃഷ്ണ ഉപാസകയായി വന്ന് ജനിക്കും ജനന മരണം അവസാനിക്കില്ല നാമരൂപങ്ങളോട് കൂടി ഒരു ഈശ്വരനെ ഭജിച്ചോ മരൂപഭ്രമമാണ് ജനന മരണങ്ങൾ ഒരു നാമരൂപം പോകുമ്പോൾ മരണമെന്ന് തോന്നും വേറെ നാമരൂപം വരുമ്പോൾ ജനനം ഇന്ന് തോന്നും അപ്പോൾ നാമരൂപങ്ങൾ മരണവേളയിൽ ബാക്കി നിൽക്കും തോറും കൃഷ്ണൻ്റെ നാമരൂപമാണെങ്കിൽ കൃഷ്ണൻ്റെ രൂപത്തിൽ വന്ന് ജനിക്കൂ കൃഷ്ണഭക്തി അതിരറ്റ കൃഷ്ണഭക്തി ജനനം മുതൽ തന്നെ കൃഷ്ണകൃഷ്ണ രാമ രാമ അങ്ങനെ പോകും അങ്ങനെ കൃഷ്ണ കൃഷ്ണൻ്റെ രൂപത്തോടു കൂടി ജനിക്കാൻ കഴിയും തദ്വത്തി അല്പമിനി മാം എന്നിവിടെ കൃഷ്ണൻ പറയുന്നത് സാക്ഷാൽ പരമാത്മാവാണ് ബ്രഹ്മമാണ് സംശയമൊന്നുമില്ല ഇവിടെ കൃഷ്ണൻ എൻ്റെ ഭക്തന്മാരെന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് അവരുടെ ബ്രഹ്മത്തെ പ്രാപിക്കും അവരിപ്പോഴും ആ ബ്രഹ്മമാണ് ബ്രഹ്മഭജനം വളരെ എളുപ്പവുമാണ് അവർ ബ്രഹ്മമാണ് അതൊന്ന് ഓർമ്മിക്കുകയേ വേണ്ടു അതൊന്നറിയുകയേ വേണ്ടു അവിടെ ഇത്തരം പൂജാസാധനങ്ങളോ പൂജകളോ ഒന്നുമില്ല അത് പൂർണ്ണമായ നാമരൂപ വിമുക്തിയാണ് എന്താ ബ്രഹ്മസം ഭവിക്കുന്നവരെ എല്ലാ നാമരൂപങ്ങളും പുറന്തള്ളി തന്നിലുള്ള ശുദ്ധമായ ആത്മാവിലെ ശുദ്ധമായ ബോധത്തിലാണേൽ ഈശ്വരൻ്റേതായാലും നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു വരുന്നു പോകുന്നു പരമാത്മാവിനെ ഭജിക്കുന്നവരാണെങ്കിൽ അത്തരം നാമരൂപങ്ങളെയൊക്കെ മാറ്റി നിർത്തി നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ പോലും അവ കള്ളമാണെന്ന് വ്യക്തമായി അറിഞ്ഞ് ഏതുപോലെ മരുഭൂമിയിൽ വെള്ളം കണ്ടാൽ പോലും മരുഭൂമിയെ അറിയാവുന്ന ഒരാൾ അത് വ്യക്തമായി ഇല്ലാത്തതാണെന്ന് അറിഞ്ഞു കാണുന്നു അത് മതി ഇപ്പം നാമരൂപങ്ങളെയൊക്കെ പുറന്തള്ളാൻ വിഷമമുണ്ടെങ്കിൽ ഏത് ശരി അത് പുറന്തള്ളപ്പെടുന്നു അങ്ങനെ ബ്രഹ്മമായി അവർ മാറുന്നു ബ്രഹ്മവി ബ്രഹ്മഭവതി മറ്റുള്ളതുപോലെ തന്നെ നിങ്ങൾ വേണ്ട ബ്രഹ്മത്തെ അറിയണോ നിങ്ങൾ ബ്രഹ്മമായിത്തീരുന്നു അവിടെ ഉള്ള വിശേഷം പിന്നെ അതുമാത്രമേ ഉള്ളൂ അത് ജനിച്ചതല്ല ജായത്തെയും ഹൃദയത്തെയോ ആ കഥാ ചു അതൊരിക്കലും മരിക്കുന്നില്ല അത് സനാതനമായ സത്യം അത് ആനന്ദസ്വരൂപം നിശ്ചലം സർവവ്യാപ്തം ഞാനതാണ് ബോധം ഇപ്പോഴേ ഞാനതാണ് പക്ഷെ മറക്കപ്പെട്ടിരിക്കുന്നു അത്രയുള്ളൂ ഇതാണ് പരമാത്മാവായ എന്നെ ഭജിക്കുന്നവർക്ക് അവരെന്നെ പ്രാപിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെയാണ് അൽപമേധസ്സുകൾ എന്നാൽ അവ ബ്രഹ്മത്തെ ഭജിക്കുന്നവരും ബ്രഹ്മത്തിലെത്തിച്ചേരുന്നു എന്താ അതിൻ്റെ അർത്ഥം അവർ ബ്രഹ്മമായിത്തീരുന്നു ഇതുപനിഷത്തിൻ്റെ പ്രഖ്യാപനമാണ് ബ്രഹ്മവിത്ത് ബ്രഹ്മഗവർത്തി മാറി നിന്നറിയാനുള്ള വസ്തുവല്ല ബ്രഹ്മം ഈ ജീവൻ അതുമായി ലയിച്ചു ചേർന്ന് ഒരു കുമിള സമുദ്രത്തിൽ ലയിച്ചു ചേർന്നാൽ പിന്നെ കുമിളയ്ക്ക് മാറി സമുദ്രത്തെ അറിയേണ്ട കാര്യമില്ല അതുപോലെ ജീവൻ അഖണ്ഡബോധം തന്നെ ചിത്തമെന്ന് ഉപാധിയിരിക്കുന്നത് കൊണ്ട് ഭിന്നമാണെന്ന് തോന്നുന്നു ആ ഉപാധി പോയാൽ ജീവൻ അഖണ്ഡബോധമായി മാറുന്നു അഖണ്ഡബോധമായി മാറുമ്പോൾ ജഗത്തില്ല വെറും ഒരു സ്വപ്നം ജഗത്ത് നേരത്തെ ഉണ്ടെന്ന് തോന്നിയിരുന്നെങ്കിൽ വെറുമൊരു സ്വപ്നം അത്രേ ഉള്ളൂ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം വേദാന്തത്തിൽ ഇത് ഭാഗവതത്തിലും അങ്ങനെ മറ്റ് പല പുരാണങ്ങളിലും ഈ ജഗത്തിൻ്റെ സ്വപ്ന സമാനത്വം വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് സ്വപ്നം എന്താ കണ്ടോണ്ടിരിക്കുമ്പോൾ എല്ലാം സത്യം അവിടെ ഒരു ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു ഒരാൾ ചോദിക്കേണ്ടത് സ്വപ്നത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അതുള്ളതാണോ സാർ സ്വപ്നത്തിലിരുന്നു കൊണ്ട് ചോദിച്ചാൽ ഉള്ളതാണ് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നം കാണുന്നതൊക്കെ ഉള്ളതാണ് എപ്പോഴാണ് ഇതില്ലാത്തതങ്ങൾ സത്യത്തിൽ ഉണരും ഉണർന്നാൽ പിന്നെ സ്വപ്നത്തിൽ കണ്ട എന്തെങ്കിലും ഉണ്ടോ കൃമികീടങ്ങൾ മുതൽ ഈ കൃഷ്ണൻ്റെ രൂപം വരെ സ്വപ്നത്തിൽ കണ്ടു ഉണർന്നപ്പോ സ്വപ്നത്തിൽ കണ്ട കൃഷ്ണൻ ഉണ്ടോ എല്ലാം പോയി കണ്ടതാറ് ഞാൻ മാത്രം ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം ഉണർന്നപ്പോ ബാക്കി സ്വപ്നത്തിൽ കണ്ട സകലത്തിനില്ലാതായി ഇനി ഉണർന്നയാളും ആ സ്വപ്നത്തിൽ കണ്ട ഈശ്വരൻ സത്യമാണോ ഈ അവിടെ ഞാൻ സ്വപ്നത്തിൽ ഭഗവാൻ അവതരിക്കുന്നതായി കണ്ടല്ലോ ഉണർന്നയാൾ ചോദിക്കുമോ സത്യമാണോ എന്ന് ചോദിക്കുമോ ഉണർന്നയാൾ ചോദിക്കുകയില്ല പിന്നെ വേണമെങ്കിൽ ഉണർന്ന ആളിന് ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് പറയാം ഒരിക്കലും ഉണർന്നയാൾ സ്വപ്നത്തിൽ കണ്ട ഏത് രൂപവും അത് ഈശ്വരൻ്റെതാകട്ടെ ദുഷ്ടന്മാരുടേതാകട്ടെ മൃഗങ്ങളുടേതാകട്ടെ ധർമ്മത്തിൻ്റെതാകട്ടെ അധർമ്മത്തിൻ്റെതാകട്ടെ സ്വപ്നത്തിൽ കണ്ടൊന്നും സത്യമല്ല തീർച്ചയായിട്ടും ഉണരുമ്പോൾ പക്ഷെ ഉണരുന്നത് വരെ സത്യമാണ് അപ്പോൾ സ്വപ്നത്തിൽ കണ്ട രൂപങ്ങൾ സ്വപ്നത്തിലിരിക്കുന്നിടത്തോളം സത്യം അത് അസത്യമാണ് ഇപ്പം ഈ ജഗത്ത് സ്വപ്നമാണെന്ന് വിചാരിക്കൂ അദ്വൈത സത്യം കണ്ട് ഉണർന്നവർ ഉച്ച സ്തരം പ്രഖ്യാപിക്കുന്നു ഇവിടെ അഖണ്ഡ ബോധവരൂപമായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ വേറെ യാതൊന്നുമില്ല യാതൊന്നുമില്ല വേറെ ഒരു ഈശ്വരനുമില്ല ശക്തിസ്പന്ദനം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വെറും നാമരൂപഭ്രഹ്മം സ്വപ്നം ഒന്നുമില്ല ആയാളിനും കൊണ്ട് ഒരാൾ ചോദിക്കുന്നു ഇപ്പോൾ സത്യം കണ്ട് ഒരാൾ വിവേകാനന്ദ സ്വാമി കൂടി പറഞ്ഞു ധർമ്മമില്ല അധർമ്മമില്ല ഞാനില്ല നീയില്ല ജഗത്തില്ല പരമാത്മാവ് മാത്രമേ ഉള്ളൂ ഞാൻ വ്യക്തമായി അനുഭവിക്കുന്നു ഇപ്പം ഈ വിവേകാനന്ദനോട് ഒരാൾ ചോദിച്ചോദിക്കുന്നു അല്ല ശ്രീ അങ്ങയുടെ ഗുരു അവതരിച്ചതെന്നല്ലേ അദ്ദേഹം തന്നെ പറയുന്നത് അത് ശരിയാണോ സ്വാമി ആ ഞാൻ ഈ പറഞ്ഞ സത്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അല്ല അനുഭവിക്കുന്നില്ല ഇല്ലെങ്കിൽ രാമകൃഷ്ണൻ അവകരിച്ചു എന്നുള്ളത് സത്യമാണ് പോയി ഫലിക്കും പോയി ഫലിക്കൂ രാമൻ അവഹരിച്ചത് ശരിയാണ് കൃഷ്ണൻ അവഹരിച്ചത് ശരിയാണോ എന്നാൽ നിങ്ങളിപ്പോഴും സ്വപ്നത്തിൽ നിൽക്കുന്നേ ഉള്ളൂ ഈ ജഗത്ത് സ്വപ്നമായേ യഥാദൃഷ്ടേ ഗന്ധരുള നഗരം യഥാ വേറും സ്വപ്നം ഇന്ദ്രജാലം സ്വപ്നവും ഇന്ദ്രജാലവുമൊക്കെ അവ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം സത്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ അവ ലേശം പോലും അനുഭവിക്കാത്ത പ്രപഞ്ചമില്ല പ്രപഞ്ചോ യരി വിദ്യേത നിവർത്തേത ആചാര്യസ്വാമികൾ പറയുന്നില്ലേ വിവേക ചൂടാമ്പണിയിൽ ആ നിർവികൽപ സമാധ്യ അനുഭവമൊക്കെ അങ്ങോട്ട് നല്ലവണ്ണം അനുഭവിച്ചിട്ട് പ്രപഞ്ചത്ത കൊകതം കേനവാനീതം ഇട ഞാൻ ഈ പ്രപഞ്ചം ഇതാരും കൊണ്ടുപോയി പ്രപഞ്ചനില്ല ക്വകതം കേനവാനീതം കുത്രലീനം ഇതം ജഗത്ത് ഈ ജഗത്ത് എവിടെ പോയി വിളിച്ചു ആധുനൈവമായ ആദൃഷ്ടം ഞാനിത് അല്പം മുമ്പ് കണ്ടതല്ലേ അധുനൈവമായ അത്ഭുതം മഹത് അദ്ഭുതം ഇതാണ് അഖണ്ഡബോധരൂപമായ ബ്രഹ്മത്വസാക്ഷാത്കരിച്ചാൽ ഉണ്ടാകുന്ന അദ്ഭുതം കുഗതം കേരണവാനീതം കുത്രലീനം ജഗം അധുനൈവമയാദൃഷ്ടം ഇപ്പോൾ ഞാൻ കണ്ടതല്ലേ ആ അത്ഭുതം മഹത് അഭുതം അപ്പോൾ ഇവിടെയാണ് ചോദ്യം അത് കണ്ടിട്ട് തിരിച്ചു വന്നു അത് ഇത് ഭാഗവതം പോലും വിവരിക്കുന്നേ അവിടെ യാതൊരു പ്രപഞ്ചഘടകവും ഇല്ല ഭാഗവതം വിവരിക്കുന്നു അതൊക്കെ ഞാനിപ്പോൾ വിസ്തരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാലമില്ല ദേശമില്ല എന്നത്ര കാലോ അനിമിഷം പരപ്രഭു കാലമില്ല നത്രത്ര കാലോ അനിമിഷം പരപ്രഭു ന തത്ര ദേവാ ജഗതാമ്യ ഈശ്വരേ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ തുടങ്ങിയ ഒരു ദേവന്മാരും അവിടെ ഇല്ല ജഗത്തുണ്ടെന്ന് തോന്നിയിരുന്നപ്പോൾ അവരാണ് ഈശ്വരന്മാർ ഇപ്പോൾ അവരില്ല ജകത്തൊക്കെ പോയി നവികിഹാരോ മഹാൻ പ്രധാനം അവിടെ മനസ്സില്ല പ്രാണനില്ല പ്രകൃതിയില്ല പ്രധാനം എന്ന് വെച്ചാൽ പ്രകൃതി പ്രകൃതിയില്ല അവിടെ അഖണ്ഡബോധസ്വരൂപമായ വസ്തു മാത്രം സത്യദർശികളുടെ ഉപനിഷ്ടാക്കളായ ഋഷിമാരുടെ ഈ അത്ഭുതകരമായ അനുഭവ സത്യം കൂടി ചേർത്ത് മനസ്സിലാക്കുക പിന്നെ യുക്തിയാണെങ്കിൽ നമ്മൾ പലതവണ പറഞ്ഞു ഇവിടെ കാണുന്ന വിഷ്ണു മുതൽ അമീക വരെയുള്ള സകല കാഴ്ചയും സാപേക്ഷങ്ങളാണ് റിലേറ്റീവ് ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല പഞ്ചഭൂതങ്ങളൊക്കെ പരസ്പരബദ്ധമാണ് റിലേറ്റീവായിട്ടുള്ള ഏത് കാഴ്ചയും ഇവിടെ എല്ലാം കാണും അല്ലാതെ സ്വതന്ത്രമായ യാതൊന്നുമില്ല ചിലർക്ക് ഞാൻ സ്വതന്ത്രം വിചാരിക്കുന്നു സ്വതന്ത്രമാണോ പ്രാണനില്ലാതെ ജീവിക്കാൻ പറ്റുമോ വെള്ളമില്ലാതെ പഞ്ചഭൂതങ്ങളില്ലാതെ നിലനിൽക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാം പരസ്പരബദ്ധം അല്പം ചിന്തിക്കുന്ന ഒരു ശാസ്ത്രബുദ്ധിയുള്ള ആൾക്കാരെയാണ് പരസ്പരബദ്ധമായ എല്ലാം ഒരച്ചിലൂട്ടിനെ കേവല വസ്തുവിനെ കണ്ടാൽ ഇതൊന്നും പിന്നെ ഇല്ല ോന്നിയാലും ഇല്ല കാരണം അവയ്ക്ക് നിലനിൽപ്പ് സാധ്യമല്ല ഒരു അപ്സല്യൂട്ടിൻ ലുഖമുള്ള അപ്സല്യൂട്ട് കോൺഷ്യസ്നെസ് ഇപ്പോൾ നമ്മളിവിടെ അനുഭവിക്കുന്നതൊക്കെ റിലേറ്റീവ് കോൺഷ്യസ്നെസ് അബ്സൊല്യൂട്ട് കോൺഷ്യസ്നെസ്സാണ് ബ്രഹ്മം വെറും ബുദ്ധിയുണ്ടെങ്കിലും ബ്രഹ്മത്തെ മനസ്സിലാക്കിയാൽ ഈ അബ്സൊല്യൂട്ട് കോൺഷ്യസ്നെസ്സൊക്കെ വിത്തും വൃക്ഷവും ഭൂമിയായിരിക്കുന്നത് പോലെ സൂര്യചന്ദ്രന്മാരുൾപ്പെടെ എല്ലാം ആ അബ്സൊലൂട്ട് കോൺഷ്യസ്നെസ് ബ്രഹ്മം മാത്രം ഉണ്ടെന്ന് തോന്നിയാൽ പോലും ഇല്ല മരുഭൂമിയിലെ വെള്ളം ഇല്ലെന്ന് ബോധ്യമായിട്ട് ഒരാൾ തിരിച്ച് മരുഭൂമിയോട് ഓരോ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും വെള്ളം കാണും മരുഭൂമിയൊക്കെ ചുറ്റി നടന്ന് നോക്കി അതായത് ചിലർ ചോദിക്കുമ്പോൾ ഈ സമാധിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ശരീരബോധം വന്ന വ്യവഹാരത്തിൽ പെടുമ്പോഴോ നിശ്ചയമായിട്ട് തോന്നുന്നില്ല കാരണം സത്യം കണ്ടിട്ട് തിരിച്ചു വരുന്നയാൾ കാണുന്ന ഭവമൊന്നുമില്ല ഉണർന്നയാൾക്ക് സ്വപ്നത്തിലുണ്ടെന്ന് തോന്നിയിരുന്ന വസ്തുക്കളൊന്നും ഒരു പക്ഷേ മനസ്സിൽ പ്രതിബിംബിച്ചാൽ പോലും ഇല്ലയില്ല നിശ്ചയമാണ് അതുപോലാണ് ഇതൊക്കെ കൃഷ്ണൻ ആറാം അധ്യായത്തിലൊക്കെ ഒടുവിൽ പറയുന്നു യോ മാം പശ്യതി സർവത്ര സർവഞ്ചമൈ പശ്യതി തസ്യഹം ന പ്രണശ്യാമി സജമയൻ അപ്രണശിതി എന്നെ എല്ലായിടത്തും കാണുന്നയാൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ സമാധിയെന്നോ വ്യവഹാരമെന്നോ വ്യത്യാസമില്ല സത്യമൊഴിക്കൽ കണ്ടു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിനെ അനുഭവിച്ച് തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ റിലേറ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ പ്ലെയിനിൽ വന്നു നിന്നാൽ പോലും ഇവിടെ സാപേക്ഷ ഘടകങ്ങളൊന്നുമില്ല ഇല്ല എന്നാണ് അനുഭവം കാണുന്നുണ്ട് ഇല്ല മരുഭൂമിയിൽ വെള്ളം കാണുന്നുണ്ട് ഇല്ല അവിടുന്ന് വന്നപ്പോൾ കയറ് കണ്ട ഒരാളിനെ ഇവിടെ ദൂരം ആറി നിന്നപ്പോൾ അത് സർപ്പമെന്ന് തോന്നി സർപ്പം തോന്നുന്നുണ്ട് ഇല്ല എന്ന അനുഭവം ഇല്ലേ തോന്നിയാലും ഇല്ല സത്യം കണ്ടാലും സത്യം കണ്ടയാളിന്ന് നല്ലതെണ്ണം ഓർക്കണം തോന്നിയാലും ഇല്ല ഒന്നുമില്ല ഇതാണ് ഈ മദ്ഭത്തായ മാിൽ ഇതാണ് വാസുദേവ സർവമിത്തി സർവവും വാസുദേവനാണെങ്കിൽ കൃഷ്ണൻ ഇവിടെ പറഞ്ഞതന്നെ പിന്നെ ഇനി എന്താ വാസുദേവൻ എന്ന് വെച്ചാൽ ബ്രഹ്മം എല്ലാം ബ്രഹ്മം എല്ലാം ബ്രഹ്മം അല്ല സാറ് അവതാരം ഇല്ലയോ സാർ എന്തോന്നായി ചോദ്യം എല്ലാം ബ്രഹ്മൊന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അല്ല അതില്ല സാർ എന്നാവതാരവും പോയി ഫലിക്കും ഇതാണ് ഉത്തരം ഇതനുഭവിക്കുക പറ്റുമെങ്കിൽ ഞാൻ എല്ലാം ബ്രഹ്മം അല്ലാതെ അവർ അവരെ ഈശ്വരനായി കണ്ടാൽ ധർമ്മമനുഷ്ഠിക്കുന്നവരെ ഈശ്വരനായി കണ്ടാൽ ദോഷമുണ്ടോ സാർ ബ്രഹ്മാനുഭവം വന്ന് ഒരാളിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവെന്തെന്നോ ധർമ്മമനുഷ്ഠിക്കുന്ന ആളിനല്ല അങ്ങേറ്റത്തം അധർമ്മമനുഷ്ഠിക്കുന്ന ആളിനെപ്പോലും അദ്ദേഹം ഈശ്വരനായിട്ടാണ് കാണുന്നത് പക്ഷേ അങ്ങനെയൊക്കെ കാണാമോ സാർ നിങ്ങൾ ബ്രഹ്മത്തെ ഒന്ന് അനുഭവിച്ചു നോക്കൂ എന്നിട്ട് ഈ ചോദ്യം ചോദിക്കും ഇവിടെ ധർമ്മവുമില്ല അധർമ്മവുമില്ല എന്നല്ലേ വിവേകാനന്ദ സ്വാമി പോലും പറയുന്നത് പിന്നെ ഇതെല്ലാം വെറും തോന്നലോ റിലേറ്റീവ് അപ്പിയറൻസസ് വിത്തും വൃക്ഷവും പോലെ വിത്തും വൃക്ഷഭവും അങ്ങനെ രണ്ടെണ്ണം ഇല്ല മണ്ണ് രണ്ടും മണ്ണ് അപ്പം ഇത് ഉറപ്പ് വന്നാൽ ഒരു പ്രശ്നവും പിന്നെ ഇല്ല അപ്പോൾ ഉറപ്പ് വരാത്തപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ബാക്കി നോക്കുന്നു ബാക്കി നിൽക്കുമ്പോൾ ഒരു സത്യദർശി അവരോട് പറയും എത്രയോ പേരെന്നോട് വന്ന് ചോദിക്കുന്നു സർ പിതൃക്കളുണ്ടോ സാർ ഏ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു അല്ല ഉണ്ടെന്നാണ് എൻ്റെ നിശ്ചയമായിട്ടും ഡി എഴുതുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ ഒക്കെ ഞാൻ പറഞ്ഞേക്കാ പിതൃക്കൾ വന്ന് നിങ്ങളുടെ കഴുത്തിന് പിടിക്കും യാതൊരു സംശയവുമില്ല അല്ല സാറിനോ എനിക്ക് പിതൃക്കളൊന്നുമില്ല ഇനി ഒരു പിതൃക്കളും എൻ്റെ അടുത്തൊന്നും മിണ്ടില്ല കാരണം എനിക്കവരില്ല പിന്നെ അവരെങ്ങനെ എൻ്റെ അടുത്ത് വരും നിങ്ങൾ സങ്കല്പിച്ച് പിതൃക്കളുണ്ടെന്ന് കരുതുന്നു കരുതുന്നിടത്തോളം ഈ ബോധം പിതൃക്കളുടെ ബോധമായിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരും വിശാലങ്ങളെന്ന് കരുതിയാൽ വരും സൂക്ഷിക്കണേ വെറുതെ ഇല്ലെന്നും പറഞ്ഞ കണ്ണടച്ച് കിടന്നുറങ്ങിയാൽ നിലവിളിക്കേണ്ടി വരും ജീവിച്ചിരിക്കുമ്പോൾ ഇത് ഉറപ്പിക്കുക ഒന്നേ ഉള്ളൂ അപ്പോൾ വാസുദേവ സർവം കൃഷ്ണൻ ഇത് ആവർത്തിച്ചു പറയുന്നു ഇനി പലതുണ്ടെന്ന് തോന്നുന്നവർ അല്പമേധസ്സുകൾ അല്പമേധസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ ചാന്ദോഗ്യോപനഷത്തിലെ ഏഴാം അധ്യായം വായിച്ചു നോക്കൂ നാരദന് നാരദന് സനത്കുമാരനും ബ്രഹ്മതത്വം ഉപദേശിക്കുകയാണ് നാരദൻ ഒരുപാട് പേരുകൾ പഠിച്ചു വേദം നാരം പഠിച്ചു അത് പലരും അങ്ങനെയാണ് ഇപ്പം എല്ലാം പഠിച്ചു ഒരുപാട് ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പഠിച്ചു വേദങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ നാരദൻ്റെ ഏട്ടിലുണ്ട് തരതി ശോകം ആത്മവിത്ത് ആത്മവിത്ത് ശോകത്തെ തരണം ചെയ്യുന്നു ഇതൊക്കെ പഠിച്ചിട്ടും അയാൾക്ക് ഭയങ്കര ശോകം നാരദൻ സനത്കുമാരൻ്റെ അടുത്ത് നിന്നു അങ്ങൊക്കെ തന്നെ ഇത് പറയുന്നല്ലോ ആത്മാവിത് ശോകം തരണം ചെയ്യുന്നു ഞാൻ ഇതൊക്കെ പഠിച്ചല്ലോ ഭഗവാൻ എനിക്ക് ശോകം വിട്ടുമാറുന്നില്ലല്ലോ നീ എന്തൊക്കെയാണ് പഠിച്ചത് സാർ ലിസ്റ്റ് അന്നുവരെ ഉണ്ടായിട്ടുള്ള പുസ്തകങ്ങളുടെയും പാഠ്യപദ്ധതികളുടെയും ഒക്കെ ലിസ്റ്റ് നാരങ്ങ സനത് കുമാരൻ്റെ മുമ്പ് ഒക്കെ എല്ലാം അദ്ദേഹം കേട്ടു കേട്ടിട്ടുള്ള പറഞ്ഞു മടയാ നീ ഇതുവരെ പഠിച്ചത് പഠിച്ചത് മുഴുവൻ കുറേ ശബ്ദങ്ങൾ മാത്രം വസ്തു നിനക്ക് പിടികിട്ടില്ല ചോരേ മണ്ണ് പല രൂപത്തിലിരിക്കുന്നു ചട്ടി കല്ല മണ് ചോര അതായത് ഇങ്ങനെ പല പദാർത്ഥങ്ങളുണ്ടല്ലോ അല്ല ഞാനിതൊക്കെ കാണുന്നു നീ കാണുന്നതൊക്കെ കുറേ പേര് എന്താ ചട്ടി എന്നുള്ള പേര് കലന്നുള്ള പേര് അവിടെ എന്താ ഉള്ളത് മണ്ണ് മാത്രം വരെ വല്ല ഉണ്ടോ അവര് വിദ്യാഭ്യാസം കുറേ പേര് ഒരേ വസ്തുവിൻ്റെ പല രൂപങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ വസ്തു ഒന്ന് ഇതര ഇന്നയാൾക്ക് അപ്പോൾ ഈ സനത് കുമാരൻ പറഞ്ഞു ഇവിടെ നീ ഇതുവരെ പഠിച്ചതൊക്കെ വേറൊരു കുറേ ശബ്ദം കിട്ടും അപ്പം പിന്നെ എന്താ ഈ ആത്മാവ് ആത്മാവ് ഞാൻ പറഞ്ഞുതരാം എത്ര നാണ്യ ഭൂമ അല്പം ഈ രണ്ട് പദങ്ങളാണ് അവിടെ സനത് കുമാരൻ ഭൂമയെന്ന് വെച്ചാൽ പൂർണ്ണ വസ്തു ബ്രഹ്മം മറ്റതൊക്കെ അതിൽ എന്ത് പേര് പറഞ്ഞ് എന്തിനെ വേറിതിരിക്കുന്നു അതല്പം തീർച്ചയാണല്ലോ അതിന്ന് ഒരു ഭാഗത്ത് മാറ്റിയെടുത്ത് റിലേറ്റീവ് റിലേറ്റീവ് കോൺഷ്യസ്നസ് അല്പം അപ്പോൾ നാരദ പൂർണ്ണ വസ്തു നിനക്ക് പറ്റുമെങ്കിൽ അനുഭവിച്ചോളൂ ശോകം പോകും അന്ന് മാത്രമേ പോകൂ അല്ലെങ്കിൽ നിശ്ചയമായിട്ടും ശോകം മാറിയില്ല എന്താ എന്താ പൂർണ്ണ വസ്തു നാന്യത് പശ്യത്തി നാന്യത് വിജാനാത്തി നാന്യത് ശൃണോത്തി തദ്ധൂമാത്ര വിളിച്ചുരുക്കം എവിടെയാണോ നാന്യത് ശൃണോത്തി നാന്യത് പശ്യത്തി മറ്റൊന്ന് കേൾക്കാനില്ല മറ്റൊന്ന് കാണാനില്ല നാന്യത് വിജാനാതി മറ്റൊന്ന് അനുഭവിക്കാനില്ല തദ്ധൂമ അതാണ് പൂർണ്ണ ബ്രഹ്മം അതാണ് നരതരായി പൂർണ്ണ ബ്രഹ്മം എത്ര അന്യ ശ്രുണോതി അന്യ പശ്യതി മറ്റൊന്നുണ്ടെന്ന് കേൾക്കുന്നുവോ കാണുന്നതോ അന്യത് വിജാനാതി മറ്റൊന്നുണ്ടെന്ന് അനുഭവിക്കുന്നതോ അത് അല്പം വെച്ച റിലേറ്റീവ് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളതുകൊണ്ടെങ്കിൽ അല്പമെന്ന് വെച്ചപ്പോൾ ഒരു പൂർണ്ണ വസ്തുവിൽ തെറ്റിദ്ധരിച്ച് അല്പത്തെ കാണുന്നു ആ പൂർണ്ണത്തെ അറിയാത്തിടത്തോളം അല്പമല്ലാവരും എന്ത് കാണും അത് എന്നിട്ട് പറയുന്നു നിനക്ക് ശോകം പോകുന്നില്ല എന്നല്ലേ നിൻ്റെ പരാതി അൽപേ സുഖമസ്തി ഒരു വസ്തുവിനെ അൽപ്പാൽപമായി നാമരൂപങ്ങൾ കൊണ്ട് വേർപെടുത്തി അനുഭവിച്ചാൽ അല്ലെ നാരെതിരെ അവിടെ സുഖമില്ല നിനക്ക് ഒരിക്കലും കാര്യമായ സുഖം കിട്ടുമെന്ന് സുഖം പൂർണ്ണ വസ്തുവിനെ അനുഭവിക്കൂ സുഖം അനുഭവിക്കാനെന്താ പ്രയാസം സൂര്യനിലും ചന്ദ്രനിലും ഒന്നും പോകണം ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റൊന്നും കേൾക്കാനില്ല മറ്റൊന്നും കാണാനില്ല മറ്റൊന്നും അറിയാനില്ല ഈ കാണുന്നതൊക്കെ ബോധം നിരവധി ആഭരണങ്ങളിരിക്കുന്നു കാണുന്നതൊക്കെ സ്വർണം കനകൈകമഹാബുദ്ധി പൂർണ്ണ ബുദ്ധി നേരെ വരുത്തി വളവേറെ അല്പം സ്വർണത്തെ പൂർണമായി കാണാനൊക്കെ ഇല്ല ഈ വളയൽപ്പം മോതിരം അൽപ്പം ഇത് സത്യമാണെന്ന് കരുതിയാൽ സ്വർണത്തെ പൂർണമായി കാണാനൊക്കില്ല സ്വർണത്തെ വളയായും ഒക്കെ ചെറുതായി ചെറുതായി മാത്രമേ കാണാനൊക്കൂ അവിടെ കാര്യമായ ശാന്തിയോ സുഖമോ കിട്ടില്ല അപ്പോൾ നാരദരെ ഭൂമാവയിൽ സുഖം ഭൂമാവാണ് സുഖം നാൽപ്പേ സുഖമസ്തി അല്പത്തിൽ സുഖമില്ല ശരിയല്ലേ ഒരു വസ്തുവിനെ അല്പമായി ഗ്രഹിച്ചാൽ പിന്നെ കുറച്ച് സുഖം കിട്ടും ഇല്ല എന്നല്ല അല്പം ചില ചില്ലറ ചില്ലറ സുഖങ്ങളൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ അതുമൊക്കെ ഈ വസ്തുവിൻ്റെ സുഖം തന്നെ പക്ഷേ അതപ്പോഴേക്കും പോകും അതുകൊണ്ടാണ് അർജുന അന്യദേവതമാരെ ഫലിച്ച് ചില ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നേടുന്നവർ അന്ധവത്ത് ഫലം ദേഷ്യ അല്പമായത് കൊണ്ട് അവരുടെ ഫലം അവർക്ക് കിട്ടുന്ന ഫലവും അല്പമാണ് നശിക്കും തദ്വത്യല്പമേ അവരുടെ ഈ പരമമായ സത്യത്തെ എന്നെ അൽപാൽപമായി കാണുകയാണ് നാമരൂപങ്ങളിൽ കൃഷ്ണൻ രാമൻ ഞാൻ ചോദിക്കട്ടെ കൃഷ്ണനായിട്ട് കണ്ട പിന്നെ രാമനെ നിങ്ങളെങ്ങനെ ഈശ്വരനായിട്ട് കാണും പല ഈശ്വരന്മാരുട്ടോ ഈശ്വരന്മാർ പലതുണ്ടാവാൻ പറ്റുമോ ഈശ്വരന്മാരും ഒരുപാട് എല്ലാ ഈശ്വരന്മാരും കിടന്നും വെറും അടിപിടിയല്ല കുത്തുംകോലയും ഈശ്വര ആരൊക്കെയായി ഇവിടെ നടത്തുക ഈ കുത്തുംകോലയും ഒക്കെ നടത്തുന്നത് ഈശ്വരന്മാ അതുകൊണ്ട് അല്പമായോ സുഖമില്ലെന്ന് മാത്രമല്ല പലതരം ദുഃഖത്തിനത് വഴിത്തെളിക്കും തദ്വത്തി അല്പമേധസ്സാം അല്പമേധസ്സുകൾ നാൽപ്പേ സുഖമസ്തി ഓർമ്മിക്കുക ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം നാൽപ്പേ സുഖമസ്തി ഏതീശ്വരനായാലും സുഖമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പശുക്കളെ മേയ്ക്കുന്നതുപോലെ അവർ മനുഷ്യരെ മേക്കും എന്നുവെച്ചാൽ അവർക്കൊരുപാട് കാര്യങ്ങൾ വേണം എത്ര പേര് എന്നോട് വന്ന് പറഞ്ഞു എന്ന് പറയാം സാർ എൻ്റെ കുഞ്ഞിന് ഒരു സുഖവും ഇല്ല ഇടയ്ക്ക് കൂൾ കൂസവും അപ്പം ഞങ്ങളുടെ ഇവിടെ മന്ദരമൂർത്തി എന്ന് പറഞ്ഞ ഒരു ദേവനുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ജ്യോത്സ്യം വെച്ചു അവരോട് ഒന്നും അദ്ദേഹത്തിന് ഇപ്പം തൃപ്തമല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഒരുപാട് ക്ഷേ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയും ഇന്നൊന്നും മനസ്സിലാക്കരുത് ഞാൻ നോക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നം വയ്ക്കുന്നു ഒരൊറ്റ ദേവപ്രശ്നത്തിലെങ്കിലും ഇവിടുത്തെ ദേവൻ സന്തുഷ്ടനാണ് നിങ്ങളിനി ഒന്നും ചെയ്യണ്ട എന്ന് ഇന്ന് വരത്തിൽ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല ഏത് ദേവപ്രശ്ന അസന്തുഷ്ടനാണ് ദൈവം ഈ അസന്തുഷ്ടന്മാരെ സമേപിച്ച് നമ്മളിനെന്ത് സന്തുഷ്ടി നേടാനാണ് ഭൂമാവൈ തരവൺ ചെന്നിദാസിനെ അവിടെ ഒരു ചെറിയ കെട്ടിടം കൂടെ കെട്ടണം ഒരു ഒരു അധ്യാപകനും ഭാര്യയും കുഞ്ഞും കൂടെ എൻ്റെ വിളകം എന്ന് പറഞ്ഞു ആ യോസൻ പറഞ്ഞു മന്ദരമൂർത്തിക്ക് അവിടെ ഒരു കെട്ടിടം കെട്ടി കൊടുക്കണം എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം ഉപദ്രവിക്കും ഞങ്ങൾ കെട്ടിടം കെട്ടി സാർ പി എഫിൽ നിന്നൊക്കെ കുറേ കടം എടുത്തൊക്കെയാണ് കെട്ടിടം കെട്ടിയത് കുട്ടിയുടെ സുഖക്കേട് വാശിയാവുന്നില്ല വയറ്റളക്കം കൂടെ കൂടെ വീണ്ടും പോയി യോസ്സനെ പ്രശ്നം വെച്ചു അല്ല അദ്ദേഹം മന്ത്രമൂർത്തി പൂർണ്ണ തൃപ്തനല്ല നിങ്ങൾ ഇതും കൂടെ ചെയ്തു കൊടുക്കണം അവർ പറയുന്ന ഞങ്ങൾ ഈ പണവും ഇല്ല ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പം എന്ത് പറയാനൊക്കെ അവരോടൊക്കെ അതോ ഇതൊക്കെ വരും അബദ്ധമാണ് കണ്ട അങ്ങനെ ഒന്നും പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും പറ്റുന്നത് പോലെയൊക്കെ ചെയ്യൂ ഈശ്വരനോട് ഒന്നേ ഉള്ളൂ ഒരു മന്ദരമൂർത്തിയുമില്ല നിങ്ങൾക്ക് ഉറപ്പ് വേണം മന്ത്രമൂർത്തിയില്ലെന്ന് വെറുതെ ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല അപ്പോൾ ഈ പശ്ചാത്തലം നല്ലവണ്ണം മനസ്സിലാക്കുക ഇനി അതാണ് കൃഷ്ണൻ പറയുന്നത് ഇതൊക്കെ ഞാനാണ് ആവർത്തിച്ചു പറയുന്നു ഏത് ദേവനെ ഭജിച്ചാലും ഞാനാണ് ആ രൂപത്തിൽ വരുന്നത് അവർക്ക് ആ ശ്രദ്ധ എഴുതുന്നത് ഞാനാണ് ഒൻപതാം അധ്യായത്തിൽ ഇത് കുറേ കൂടെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഒൻപതാം അധ്യായത്തിൽ ഗീതയും നേരെ മറിച്ച് എന്നെ വിട്ടിട്ട് ഭജിക്കുന്നവർ അന്തവത്വ ഫലം ദേശ ആവരിച്ചു കിട്ടുന്നു ചില ഫലം അല്പം ഒരു സമ്മാനം കിട്ടുന്നു അത് അടുത്ത നിമിഷം പോകുന്നു പിന്നെ ദുഃഖം തത് എന്തുകൊണ്ട് തദ്വത്തി അൽപമേധസ്സാണ് അവരൽപമേധസ്സുകളാണ് ദേവാൻ ദേവയേജോയാന്തി മദ്ഭക്തായാന്തി മാമഫി ഇത്രയും മനസ്സിലായല്ലോ പരമസത്യം സാക്ഷാത്കരിച്ചയാളിനോട് കൃഷ്ണനുണ്ടോ എന്നൊരാൾ ചോദിക്കുക എന്ത് ഉത്തരം പറയും അല്ല കുഞ്ഞേ കൃഷ്ണനുണ്ടെന്നാണോ നിൻ്റെ ബലമായ വിശ്വാസം അതേ സ നിശ്ചയമായിട്ടും പോയി ആ കൃഷ്ണു സദാപം ജപിക്കും ഒരിക്കലും പറയില്ല കൃഷ്ണനില്ലെന്നും നേരെ മറിച്ച സത്യം എന്താണ് ആ സത്യം ബോധത്തിലൂടെ ഒരു ഇത് ഞാനല്ല കൃഷ്ണൻ പ്രസവിച്ച് കിടക്കുമ്പോൾ ദേവിയും വസുദേവൻ ഉത്സ്വദിക്കുന്നു അങ്ങ് ഈ ആ ഒരു ഒന്നുമല്ല അപ്പോൾ ഈ തത്വം മനസ്സിലാക്കുക അവരെയൊക്കെ അവതാരമായിട്ട് കാണുന്നത് എന്നോട് പല സിദ്ധന്മാരെയും അവരെയും അവരുടെ ഭക്തന്മാർ ചോദിക്കാറുണ്ടേ സാർ അദ്ദേഹത്തെ ഈശ്വരാവതാരമായി കാണുന്നതിൽ തെറ്റുണ്ടോ സാർ ഞാൻ പറഞ്ഞു മറയാ എന്തിനവരെ അവതാരമായി താഴ്ത്തുന്നു അവർ സാക്ഷാൽ ഈശ്വരൻ ഒരു സംശയവും വേണ്ട ബ്രഹ്മം ഇവിടെ ബ്രഹ്മമല്ല അത് അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഇല്ല ഞാൻ ബ്രഹ്മമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അവതാരമായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത് സ്നേഹിത വളരെ വളരെ നല്ലത് അവതാരമായി ഭജിക്കും വേറെ എന്താ നിവർത്തി തീർച്ചയായിട്ടും ഭരിക്കും ഇതാണ് ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഒരു സത്യദർശിയുടെ ഉത്തരം സത്യദർശി ഒരിക്കലും കൊടും തന്നെ ഇതൊക്കെ ബ്രഹ്മമാണെന്ന് പറഞ്ഞ് ആരുടെയും മനസ്സിന് അതാണ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ് നിങ്ങളിന്ന് കോവിലിൽ പോവുകയുണ്ടെങ്കിൽ നാളെ രണ്ട് കോവിലിൽ കൂടെ പോകും പക്ഷേ ഈ സത്യം കുറേശ കൂട്ടിച്ചേർത്തോളൂ കൃഷ്ണൻ്റെ കോവിലിൽ പോയാലും രാമൻ്റെ കോവിലിൽ പോയാലും അവരെയൊക്കെ അങ്ങോട്ട് താണു വീണു തുടരുമ്പോ കൃഷ്ണനും ബ്രഹ്മം തന്നെ ഭട്ടതിരി പറയുന്നത് പോലെ കൃഷ്ണനും ബ്രഹ്മം തന്നെ രാമനും ബ്രഹ്മം തന്നെ മന്ത്രമൂർത്തിയും ബ്രഹ്മം തന്നെ മറുനായം ബ്രഹ്മൻ തന്നെ എന്നുകൂടെ ഓർമ്മിച്ചോളൂ അല്ലാതെ തൽക്കാലം ബ്രഹ്മമേ ഉള്ളൂ എന്നു പറഞ്ഞ് അതൊക്കെ വിടണം വിടാനും ഒക്കില്ല ഒക്കില്ലെങ്കിൽ നിശ്ചയമായിട്ട് അതായിട്ട് കുറേ നമ്മളൂടെ പറഞ്ഞു അല്ലെങ്കിൽ എന്നാൽ ഭ്രാന്തി പിടിച്ചോളൂ കൃഷ്ണൻ എടുത്തു പറയുന്നു എന്നാ ബുദ്ധിഭേദം ജനയേ അജ്ഞാന കർമ്മസങ്കിന കർമ്മസംഗിയായ കർമ്മഫലത്തിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ സത്യം പറഞ്ഞു കൊടുക്കണം നിങ്ങളിപ്പോൾ ഉള്ളതൊന്നും വിഴലമെന്ന് പറയരുത് വിഴലമെന്ന് പറയരുത് ഞാനൊരിക്കൽ കോഴിക്കോട് പോകുമ്പോൾ ഒരു അമ്മ അതിനോട് ഒന്ന് പറഞ്ഞു സാർ ഞാനിപ്പോൾ രണ്ടിഷ്ടജയവന്മാരെ ഭരിക്കുന്നു രാമനെയും ശിവനെയും അത് നല്ലതാണോ സാർ ഞാൻ അബദ്ധത്തെ അവരോട് പറഞ്ഞു അമ്മേ ഒരാളിനെ അങ്ങ് വിട്ടുകൂടെയും രണ്ടാകുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഏകാഗ്രത പോയി ഏകാഗ്രതയൊക്കെ പോയി സംശയവും വരും രാമനാണോ വേവൻ കൃഷ്ണനാണോ ഞാനീ ഭയിക്കുന്നത് അത്ര അവർക്ക് വിശ്വാസമില്ലാതുകൊണ്ടാണ് എന്നോട് വന്ന് ചോദിക്കുന്നത് നല്ല ഉറപ്പുണ്ടെങ്കിൽ എന്നോട് എന്തിനും ചോദിക്കണം ഞാൻ രണ്ട് ദേവന്മാരെ പോയിക്കുന്നു രണ്ട് പേരും ഉള്ളതാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പ് വരാൻ ഒക്കില്ല രണ്ടു വന്നോളം ഉറപ്പ് വരാൻ ഒക്കില്ല സംശയം അത് ഭയമാരംഭിക്കും ഇതിൽ ഞാനവരോട് പറഞ്ഞു അമ്മയും ഒരാളുടെ മിറ്റിലൂടെ അവർ കണ്ണുനീർ വളർത്ത് അങ്ങോട്ട് കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അമ്മയും ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോലാണ് രണ്ടുപേരെയും ഭയം ഒരു കുഴപ്പവും ഇല്ല എന്ത് കുഴപ്പമില്ല എന്ത് കുഴപ്പം ഈ സംഗതി നല്ലവണ്ണം മനസ്സിലാക്കുക ഇത കുറച്ച് സംശയങ്ങൾ നമ്മുടെ വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും വരാകുന്ന സംശയങ്ങളാണ് ഞാനത് വായിക്കാം ബ്രഹ്മം ആദിയും അന്തവും ഇല്ലാത്തതും ജനനമരണങ്ങളില്ലാത്തതും ബോധരൂപേണ വിളങ്ങുന്നതുമാണ് എന്ന് പറയപ്പെടുന്നെങ്കിലും അപ്പോൾ നിങ്ങൾക്കത് പറയപ്പെടുന്നേ ഉള്ളൂ നിശ്ചയമായില്ല ബുദ്ധിക്ക് പോലും നിശ്ചയമായില്ല അല്ലേ അത് വ്യക്തം എന്ന് പറയപ്പെടുന്നെങ്കിലും ധർമ്മത്തിന് കോട്ടം തട്ടുകയും അല്ല ഇത് വ്യക്തമായെങ്കിൽ ഒന്നേ ഉള്ളല്ലോ ബ്രഹ്മം പിന്നെ ഏത് ധർമ്മം പിന്നെ അപ്പം ഈ വ്യക്തമാകാത്ത ആളിൻ്റെ ചോദ്യമാണ് അത് എന്തുകൊണ്ട് പറയാനുള്ളത് സിദ്ധാന്തപരമായിട്ടെങ്കിലും ബ്രഹ്മത്തിൻ്റെ ഈ സ്വരൂപം ശാസ്ത്രീയമായി ഉറപ്പുവരുത്തും നിങ്ങളുടെ ഈ സംശയമെല്ലാം തീരും ഉള്ളെങ്കിൽ പിന്നെ ഏത് ധർമ്മൻ പറയപ്പെടുന്നെങ്കിലും ധർമ്മത്തിന് കൂട്ടം തട്ടുകയും അധർമ്മം വർദ്ധിക്കൂട്ടോ പിന്നെ അങ്ങോട്ടും വിവരങ്ങളാണ് ഇതൊക്കെ ഭ്രമം ഭ്രമമാണ് ആ ഭ്രമം പോയില്ല പിന്നെ ഇപ്പം എന്താ ചെയ്യുക ഇതിനെന്താ ഉത്തരം പറയാൻ എന്തായാലും ധർമ്മത്തിന് കൂട്ടം തെട്ടുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരം നമ്മൾ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞതാണ് ഇവിടെ അന്നില്ലായിരുന്നിരിക്കാമ്പ ഒരു പക്ഷേ ഈ ചോദ്യം എടുത്താവും ഇതിനൊക്കെ ഉത്തരം പറഞ്ഞതാണ് കൃഷ്ണൻ അവതരിക്കുന്നു കൃഷ്ണൻ തന്നെ പറയുന്നു ഞാൻ മായ കൊണ്ട് തോന്നിച്ചു ഈ ഗീതാഭാഗത്തിൽ തന്നെ അജോവിസന്നവ്യയാത്മാ നമ്മ ഞാൻ ജനിച്ചിട്ടില്ല അവയാത്മാ എൻ്റെ കുറവുമില്ല അർജുന എങ്കിലും അപ്പോൾ പിടിച്ചു നിർത്തണം കൃഷ്ണനെ എന്തോന്നെങ്കിലും നിങ്ങൾ ജനിച്ചിട്ടില്ല അല്ലേ നിങ്ങൾ മരിച്ചിട്ടുമില്ല പിന്നെ എന്നെ കളിപ്പിക്കാനല്ലേ ഈ പറയുന്നത് എങ്കിലും ആ കളിപ്പിക്കാൻ തന്നെ സംശയമെന്താ നിങ്ങളെ കളിപ്പിക്കാൻ തന്നെ എന്താ കാര്യം എങ്കിലും പ്രകൃതി സ്വഷ്ടത്വ സംഭവാമ്യാത്മ മായയ മായയ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നേയില്ല എന്നാണ് അർത്ഥം അതുകൂടെ മനസ്സിലാക്കും മായ കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നേ ഇല്ല അതുകൊണ്ട് എന്താ ശ്രദ്ധിക്കാത്തത് ധർമ്മത്തിന് ഗ്ലാൻ വരുമ്പോൾ ഏതാ ഏതാ ഈ ധർമ്മ ഗ്ലാൻ അർഭവതി അപ്പുറത്ത് പറയുന്ന ഈ ശ്ലോകം കൂടെ മനസ്സിലാക്കി എന്താ വ്യക്തമായി ധരിക്കാത്തത് അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരത്തിലെല്ലാം ഭൂമിയിൽ അവതരിക്കുമെന്ന് ഭഗവാൻ നമുക്ക് ഗീതയിലൂടെ ഉറപ്പ് വരുക പറ ഭഗവാൻ ഒരു ഉറപ്പും തരത്തില്ല ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ച് ഇന്നലെ നമ്മൾ നാല് പത്തിനെടുത്ത് മൂന്നിലും ഭഗവാൻ പറയുന്നു ജ്ഞാനം എന്താ ഞാനീ ഞാനേ ഉള്ളൂ ഈ രീതിയിൽ ഭഗവാൻ ഓരോ ഉറപ്പും തരുന്നില്ല ഭഗവാൻ തരുന്ന ഉറപ്പ് മുഴുവൻ വ്യവസായാത്മിക ബുദ്ധി രേക്കാം അർജുന നിശ്ചയം വന്ന ബുദ്ധി ഒന്നാണ് ബഹുശാഖാഹ്യനന്താഷ്ടബുദ്ധയോ അവ്യവസായിതാ നിശ്ചയം വരാത്രത്തോളം ഇതൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് തുടർന്നെങ്കിൽ ഭജിക്കൂ കൃഷ്ണനും പറയും നമുക്ക് ഗീതയിലൂടെ ഉറപ്പ് തരുന്നു തരുന്നില്ല ഉത്തരവുണ്ട ഗീതയിലൂടെ ഉറപ്പ് തരുന്നില്ല ആ സ്ഥിതിക്ക് ഏത് സ്ഥിതിക്ക് ഉറപ്പ് തരുന്നില്ലാത്ത സ്ഥിതിക്കോ അത് ഉറപ്പ് തരുന്നു സ്ഥിതിക്കോ ആ സ്ഥിതിക്ക് ധർമ്മം പുനഃസ്ഥാപിക്കുന്നവരെ അവതാരമായി കാണാമോ സ്നേഹിത അതിൽ മാത്രം നിങ്ങളവരെ തരം താഴ്ത്തണ്ട ധർമ്മം സ്ഥാപിക്കുന്നവരെ സാക്ഷാത് ബ്രഹ്മമായി കാണുമോ ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല അവതാരം എന്ന് വെച്ചാൽ താഴോട്ടിറങ്ങുന്നു എന്നാണ് ശബ്ദത്തിൻ്റെ തന്നെ അർത്ഥം നാമരൂപം സ്വീകരിക്കലാണ് പൂർണ്ണ വസ്തുവിൻ്റെ താഴോട്ടിറങ്ങൽ അത് അവതാരമായി കാണാമോ വേണ്ട ഈശ്വരനായി തന്നെ കാണും ആണ് ഉത്തരം അവരെ പെരുമാരി മോശപ്പെട്ടപ്പെടുത്തണ്ട ഈശാവാസമിതം സർവം അതുകൊണ്ട് ഈശ്വരനായി തന്നെ കാണും മരുഭൂമിയിലെ കാനൽ ജലം പോലെ ഒരു ഭ്രമമാണ് ഈ പറയപ്പെടുന്നെങ്കിലും ഉണ്ടോ ചിന്തിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ചിന്തിക്കാനേ ശ്രമിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഈ ചോദ്യം ചോദിക്കുന്നയാൾ ചിന്തിക്കാനേ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് പറയപ്പെടുന്നെങ്കിലും ഭഗവാൻ ഇവിടെ അവതരിക്കുകയും കണ്ടോ ഭഗവാൻ പറയുന്നു ഞാൻ അവതരിക്കുന്നില്ല വെറും ഒരു മായ കാണിക്കുന്നതാണ് അവതരിക്കുകയും നമുക്ക് പ്രയോജനപ്പെടത്തക്ക വിധം അതാണ് ഇപ്പോഴും ചില പ്രയോജനങ്ങളുള്ള എണ്ണം എന്ത് പ്രയോജനമാണ് സത്യത്തെറിയ ആ ഒരു പ്രശ്നമേ ഇല്ല എന്താ നേരെ പറഞ്ഞാൽ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി കാമങ്ങൾ കൊണ്ട് സത്യം മറയ്ക്കപ്പെട്ടവർ മറ്റവതാരങ്ങളെയും ദേവന്മാരെയും പ്രാർത്ഥിക്കുന്നു അങ്ങനെ തുടങ്ങുന്ന വിധം അർജുനന് വേണ്ടി എന്ന രൂപേണ ഗീതോപദേശം ചെയ്യുന്നുണ്ടല്ലോ എന്തെല്ലാം ചെയ്യുന്നു എന്തെല്ലാം സകല കർമ്മവും ഭ്രമം വിവേകാനന്ദ സ്വാമി പറയുന്നു അവസാനം ഞാൻ ചിക്കാഗോ പ്രസംഗിച്ചത് ഐ ഡി ബിഗ് ബ്ലൈ പല എന്നാൽ സത്യം കണ്ടുപോയി വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകൾ ഗ്ലാഡ് ഐ വസ് ബോൺ ഗ്ലാഡ് ഐ സഫർ സോ മച്ച് ഗ്ലാഡ് ഐഡി ബ്ലണ്ടർ ഇത്രയും കാലം ചെയ്യുകയും ചെയ്യുന്നു ഈ കർമ്മം മുഴുവൻ ബ്ലണ്ടർ ഇല്ല കർമ്മം ഇല്ലാത്തതാണ് ചടത്ത് ഉണ്ടാക്കുന്നതാണ് ജഡമൊന്നും ഇല്ല അന്തിമ വിശേഖരണത്തിൽ ഇല്ല കർമ്മം എവിടെ നിന്ന് വന്നു ഗഹനാ കർമ്മണോ ഗതി എന്നല്ലേ കൃഷ്ണൻ പോലും പറയുന്നത് ഭഗവാനല്ലാതെ മറ്റാർക്കാണ് ഈ ഉപദേശം തരാൻ സാധ്യമാക്കുക ഗീതോപദേശം പോലും ഉള്ളത് നമ്മളൊക്കെ ഭഗവാനാണ് ആ ഭഗവന്ന് ഭഗവാനാവാൻ ശ്രമിക്കൂ ആകാനല്ല നമ്മുടെ ആ ഈശ്വരത്വം മറമാറ്റാൻ ശ്രമിക്കൂ ഇതിനേക്കാൾ അപ്പുറത്ത് ഉപദേശം തരാൻ പറ്റും കൃഷ്ണൻ പതിനെട്ടധ്യായം യുദ്ധക്കളത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊന്നുമില്ലേ ഭഗവാനോട് കഷ്ടം ഞാൻ വെറുതെ ഉണ്ട് എന്നിട്ടൊടുവിൽ ഒരു ചോദ്യം ചോദിക്കും എനിക്ക് ഭഗവാനോട് ഒരു കാരുണ്യം തോന്നി ആ ഗീതാശ്ലോകം കേൾക്കുമ്പോൾ അർജുന കച്ചിലേ തത് ശ്രുതം പാർത്താഗ്രണ ചേതസ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഏകാഗ്ര ബുദ്ധിയോടു കൂടി അർജുന നീ കേൾക്കുകയെങ്കിലും ചെയ്തോ അത് ധരിച്ചോന്നുമല്ല കച്ചിരേതം ശ്രുതം വാർത്ത ത്വ ഏകാഗ്രേതസ അങ്ങനെ കേൾക്കുന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ കൃഷ്ണ അങ് എന്തിനു പറഞ്ഞു അത് നമ്മൾ ഒരു കളി ഈ സത്യം മനസ്സിലാകുന്നാൾ വിവേകാനന്ദ സ്വാമി പറയും പോലെ തെരുവിലിറങ്ങി വിളിച്ചു പറഞ്ഞ് നടക്കും കേൾക്കുന്നവർ കേൾക്കട്ടെ അല്ലാത്തവർ കേൾക്കണ്ട പിന്നെ നമ്മളിതിനാണ് വിളിച്ചു പറയുന്നത് നമുക്കത് ചെയ്യാതെ വയ്യാണ് ഈ സത്യം അറിഞ്ഞു പോയവർക്ക് ഭാഗവതം ആദ്യം പറഞ്ഞിട്ട് ആരാളോ ജഗതീശ്വരനെ വ്യക്തമായി അറിഞ്ഞ ചോദിക്കുകയാണ് ശുഗൻ പൂർണ്ണ സത്യങ്ങളുടെ ആളത് അദ്ദേഹത്തിന് ഈ ഭാഗവതം പഠിക്കാൻ പോയത് പൂർണ്ണ സത്യങ്ങളുടെ ആളിന് ഭാഗവതം പഠിക്കേണ്ട കാര്യമുണ്ടോ പൂർണ്ണ സത്യം കണ്ട ഒരാൾക്ക് പിന്നെ ഈ ശരീരം ഇരിക്കുന്നിടത്തോളം ആര് കേൾക്കുന്നു കേൾക്കുന്നില്ല അവർക്ക് ഒന്നും കിട്ടാനില്ല നമേ പാർത്ഥാസ്തി കർത്തവ്യം ഈ ഉപദേശിക്കുന്ന കൃഷ്ണൻ പറയുന്നു നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന മൂന്ന് ലോകത്തും എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല പിന്നെ എന്തിനാണ് കൃഷ്ണ ഇപ്പോൾ ജീവുപദേശിക്കുന്നത് എവിടെയോ ഉപദേശിക്കുന്നു ഞാൻ ഉപദേശിക്കുന്നില്ല അതിനൊക്കെ കേൾക്കാമല്ലി കേക്ക് ഭഗവാൻ അവതരിച്ചു എന്നതും ഗീത ഉപദേശിച്ചു എന്നുള്ളതും വെറും ഭ്രമമായി എടുക്കാൻ പറ്റുമോ ഭ്രമമെന്നല്ല വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൃഷ്ണൻ കുറേ ബ്ലഡേഴ്സൊക്കെ കാണിച്ചു എൻ്റെ ഭാഷയല്ലേ എന്ന് കൃഷ്ണൻ തന്നെ അത് പറയുകയും എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഈ ചെയ്യുന്നത് ഞാൻ കുറേ ബ്ലണ്ടർ എന്ന് പറയണ്ട കുറേ നേരം പോക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ നേരം പോക്ക് പ്രയോജനപ്പെടുത്തി നിങ്ങളും ഒരു നേരം പോക്കായിരുന്നു എന്ന് ബോധ്യപ്പെടുക വേറെ ഊരും നിവർത്തിയില്ല അല്ലാതെ ഈ സംശയങ്ങൾക്കൊന്നും സ്വപ്നത്തിൽ നിന്നുകൊണ്ട് സ്വപ്ന വസ്തുക്കൾ സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അവിടെ നിൽക്കുന്നിടത്തോളം സത്യം അവിടെ ഉണർന്നാൽ അതെല്ലാം അസത്യം നമ്മൾ ഈ ഗീതാ ചർച്ച മറ്റന്നാൾ അവസാനിക്കുന്നു ചൊവ്വാഴ്ച നാളെയല്ല നാളെ ആറ് മണിക്ക് തുടങ്ങും മറ്റൊന്ന് ചൊവ്വാഴ്ച അഞ്ചര മണിക്ക് നമ്മൾ ഈ ചർച്ച ആരംഭിക്കും ആറേകാലിന് നിർത്തും ആറേകാൽ മുതൽ ഏഴുവരെ ജന്യപ്രസാദ വിതരണമുണ്ട് അത് നടക്കും മറ്റന്നാൾ ഞാൻ ഇന്നേ പറഞ്ഞതൊന്നും ഓർമ്മിക്കാൻ വേണ്ടിയാണ് അല്ല ഈ പ്രസാദ വിതരണവും ഈ യജ്ഞവും സത്യമാണോ സാർ അല്ലേതല്ല പക്ഷെ നടത്തുന്നു അല്ലേ അല്ല അല്ല അതെങ്ങനെ നടത്താൻ സാധിക്കും സാർ അല്ല രാവണൻ്റെ രാവണ വേഷം സത്യമാണോ അതല്ല രാവണ കണ്ടോ കണിക പോലും ഇല്ല ഗംഭീരമായി ആടുന്നു എന്താ കൊണ്ടും കുറച്ച് ദിവസം ഒരു റിഹേഴ്സലൊക്കെ നടത്തിയിട്ട് പേടിച്ചോടുന്നു കണ്ടോണ്ടിരിക്കുന്നവർ രാവണൻ്റെ കണിക പോലും അവിടെ ഇല്ല അതെന്ന് വെച്ചാൽ ഇല്ലാത്തത് നടത്താൻ പറ്റുമോ സാർ ില്ലാത്തതാണ് ഏറ്റവും ഭംഗിയായി നടത്താവുന്നത് ഉണ്ടെന്ന് പറഞ്ഞ് നടത്താൻ പോയാൽ ജയിലും അടിപിടിയും മരണവും ഇവിടെ ആ കുഴപ്പമൊന്നുമില്ല ഒന്നും ഉണ്ടാകാനും സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെ യജ്ഞപ്രസാദമുണ്ടാവും സാർ ഇല്ലേയില്ല എങ്കിലും മറ്റന്നാൾ ആറേക്കാൽ മണി മുതൽ യജ്ഞപ്രസാദശി വരണം അത് തീർന്നതുവരെ ആകുമ്പോൾ എല്ലാവരും നമ്മുടെ ഭഗവാൻ എന്തായാലും ഈ എന്നും തുടങ്ങിയത് മുതൽ ഭഗവാൻ നമ്മെ നമ്മുടെ കൂടെ ഉണ്ട് അങ്ങേറ്റം നമ്മെ അനുഗ്രഹിക്കുന്നു എന്തോന്നാണ് സാറേ പറഞ്ഞത് പിന്നെ എന്തോന്നാ ഈ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നില്ല മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കുക ഈ ചോദ്യകർത്താവിനോട് എനിക്ക് അതിലേറ്റവും ഒന്നും മനസ്സിൽ ക്ഷീണിക്കരുത് ഞാനിതും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈശ്വരതത്വം ഒരു സംശയമില്ല ഈ ഇല്ലാത്ത വെണ്ണമോഷ്ടാവ ഉണ്ണിക്കണ്ണൻ ഈ സത്യം ഉറപ്പുവരാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ നമസ്കാരം